ശരി വിശ്വരിശിവസമാരംഭ <ip presents fu> guru prabhu sri vasudev sri krishna kesava kutr vashadan le haa kun icho guruni le kuthe he ami jaya priham अच्छा हूं भाई ധ്യായം ശ്രുതം മതം വിജാ വിജ്ഞാത തർിതം തർക്കം അവിജ്ഞാതം വിജ്ഞാതനിശ്ചിതം നിശ്ചിതം सर्वान सर्वन भी वेदाननती वेद अतिगम्या अगृता है यदि आत्मतव न जाना പറയുന്നതിന്റെ താല്പര്യം സർവാനുഭവി വേദാന വേദമെല്ലാം അധ്യയനം ചെയ്തു സർവം വേദത്തിലൂടെ വേദ്യമായിരിക്കും അറിയേണ്ട കാര്യങ്ങൾ എന്നാ അറിഞ്ഞു അറിഞ്ഞാലും അകൃതാർത്ഥ ഭവതി അകൃതാർത്ഥം തന്നെ ആയിരിക്കും ൃതം അർത്ഥം യേന ഏതൊരുവനാണോ പുരുഷാർത്ഥത്തെയൊക്കെ നേടിയത് അർത്ഥം പുരുഷാർത്ഥം പ്രയോജനം അത് കൃതാർത്ഥം അത് നേടാൻ കഴിയാത്ത ആ കൃതാർത്ഥം പരമപുരുഷാർത്ഥത്തെ നേടാൻ കഴിയുന്നില്ല വേദം അധ്യയനം ചെയ്താലും വേദത്തിന്റെ വിഷയങ്ങളെല്ലാം അറിഞ്ഞാലും പുരുഷാർത്ഥം എങ്ങനെയാണ് നേടുന്നത് യാവത് ആത്മതത്വം എന്ന് ഞാൻ ആത്മതത്വത്തെ അറിയാതിരിക്കുന്നത് വരെ ആത്മതത്വജ്ഞാനം ഇവിടെ സ്തുതി പറയാൻ താൽപ്പര്യപ്പെടുന്നത് എന്താണോ ആത്മതത്വത്തെക്കുറിച്ചുള്ള ബോധം അതിനാശ്രിതം ശ്രുതം ഭൗതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം വേറെ തരത്തിലും ഇത് തന്നെ പറയും ഏതിനറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുന്നതായിത്തീരുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ഏന് വിജ്ഞാദം വിജ്ഞാതം അറിഞ്ഞാലാണ് സർവ്വവും അറിയപ്പെടുന്നത് അതുപോലെ ഇവിടെ പറയും അശ്രുതം ശ്രുതംഭവതി പറയുന്ന എന്തിനുദ്ദേശാണ് പറയുന്നത് ഞാൻ ആത്മതത്വം ജാനാതി ആത്മതത്വത്തെ കുറിച്ചുള്ള അറിവിനെ ഇവിടെ സൂചിപ്പിക്കും അതായത് അത്ഭുതം ഇതാണ് ഇവിടുത്തെ അത്ഭുതം ആത്മബോധമാണ് ഇവിടെ അത്ഭുതമായി പറയുന്നത് ഇവിടെ സാറിന് അർത്ഥം ഏനശ്രുതം അനശ്രുതം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളുണ്ട് ഇനി കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഭൂതവർത്തമാനങ്ങളിലുണ്ട് ഭൂതവർത്തമാന ഭാവികളിൽ വർത്തമാനത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാത്തത് അങ്ങനെ സർവ വിഷയങ്ങളെക്കുറിച്ചും സർവവും കേട്ടതായിട്ടിരുന്നു അങ്ങനെ ഒരർത്ഥം തോന്നാം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് യാവത് ആത്മതത്വം എന്ന് ആത്മതത്വബോധമാണ് മറ്റുള്ളതല്ല അതുപോലെ അമതം മതം ർക്കിതം ഊഹിച്ചറിയുന്നത് പ്രത്യക്ഷമല്ലാതെ കൽപ്പനകളിലൂടെ അറിയുന്നത് അതെല്ലാം അറിഞ്ഞ് അറിയാൻ കഴിയും എന്നല്ല അർത്ഥം കേൾക്കാതെല്ലാം കേൾക്കുമെന്നോ ഊഹിക്കാൻ കഴിയാത്തതെല്ലാം ഊഹിക്കാൻ കഴിയുമെന്നോ അവിജ്ഞാതം വിജ്ഞാതം നിശ്ചിതം നിശ്ചിതമായി സർവത്തെ അറിയുക എന്നുമല്ലടും മറിച്ച് ആത്മതത്വജ്ഞാനം അതാണ് ഇവിടെ താല്പര്യം അതാണ് രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ് ഒന്ന് സർവ്വവിഷയകാനം സർവകാര്യങ്ങളെ കുറിച്ച് അറിയുക മറ്റൊന്ന് അതല്ല ആത്മാവിനെ അറിയുക ആത്മബോധം ഇവിടെ സർവ്വ വിഷയജ്ഞാനത്തെ അല്ല പറയുന്നത് ബോധത്തെയാണ് ഇവിടെ തെറ്റിദ്ധാരണ വരും ഇവിടെ പറയുന്നത് സർവ്വവിഷയങ്ങളെയും അറിയില്ല സർവജ്ഞതയാണ് കേൾക്കാത്ത കേൾക്കാത്തതെല്ലാം കേട്ടതായി കഴിഞ്ഞെന്ന് പറയുമ്പോൾ അത് സർവജ്ഞത്വമാണ് ഒരു സാധാരണ ജീവൻ സർവമറിയാൻ കഴിയത്തില്ല സർവത്തെയും സർവ്വ ഗുരുവൻ വിജ്ഞാതമായി തീരത്തില്ല ആത്മബോധം കൊണ്ട് അത് സാധ്യമാകുന്നു അതല്ല ആത്മബോധം എന്ന് പറയുന്നത് ഏകത്വബോധമാണ് നാനാത്വബോധമാണ് സർവവിഷയകാനം എന്ന് പറയുന്നത് നാനാത്വബോധമാണ് ആ നാനാത്വബോധത്തെ അല്ല ഇവിടെ പറയുന്നത് ആത്മതത്വം എന്നി ചർച്ച ചെയ്തിട്ടുള്ളതാണ് മറിച്ചെടുത്തു കഴിഞ്ഞാലോ അർത്ഥം വരും ഒരുവൻ സർവജ്ഞനായിത്തീരും അതായത് സർവവിഷയകാനുള്ള ഒരാളായിത്തീരും ആത്മബോധമുണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരുവൻ ആത്മബോധമുണ്ടായാൽ സർവ്വവിഷയങ്ങളെ കുറിച്ച് ഞാനുണ്ടാവും രണ്ടും തമ്മിലും ഒരു ബന്ധവും ഇല്ലാത്തവർ ആത്മബോധവും സർവവിഷയകജ്ഞാനും ആത്മബോധത്തിൽ സർവ്വവിഷയകാനം അസ്തമിക്കുന്നു എന്തുകൊണ്ട് സർവവിഷയജ്ഞാനം നാനാത്വജ്ഞാനമാണ് ആത്മബോധ ഏകത്വജ്ഞാനമാണ് ആ ഏകത്വജ്ഞാനത്തിൽ എങ്ങനെ നാനാത്വജ്ഞാനം രണ്ടാമത് നാനാത്വജ്ഞാനം സാധ്യവുമല്ല കാരണം വിഷയം കുറിച്ചാണ് ഗ്രഹിക്കേണ്ടത് വിഷയം എന്ന് പറയുന്നത് അനന്തമാണ് അനന്തമായ വിഷയങ്ങളെ ഒരു ജീവന് ആ ജീവൻ്റെ കർണങ്ങളിലൂടെ വികിക്കാൻ കഴിയില്ല കാരണം കർണം പരിച്ഛിന്നമാണ് എല്ലാ കർണങ്ങളും പരിച്ഛന്നമാണ് മനസ് ബുദ്ധി ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പരിച്ഛന്നമാണ് പരിച്ഛിന്നമായിരിക്കുന്ന ഈ കർണങ്ങളിലൂടെ അനന്തമായ വിഷയങ്ങളൊക്കെ ഇരിക്കാൻ ജീവൻ സാധ്യമേ ജീവനെ സംബന്ധിച്ച് സർവജ്ഞത്വ അസംഭവമാണ് ഒരിക്കാൻ സാധ്യത അതെന്നെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പറയുക എന്താണ് പാണിപാതോ ജവനോ ഗ്രഹീത വശിത്യദക്ഷ കർണ കണ്ണില്ലാതെ കാണും ഒന്നും ചെവിയില്ലാതെ കേൾക്കുന്നു കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ സർവജ്ഞനാകാൻ കഴിയത്തില്ല കർണന്റെ ആ പരിമിതി ജ്ഞാനത്തെ ബാധിക്കും ചെവി കൊണ്ട് കേട്ടുകഴിഞ്ഞാൽ സർവജ്ഞനാകാൻ കഴിയത്തില്ല അവിടെയെല്ലാം ജ്ഞാനത്തിന് പരിമിതികളുണ്ടാവും കർണങ്ങളെ ആശ്രയിക്കുന്നു ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയുന്നു കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു കരണങ്ങളിലൂടെയല്ല ആ ജ്ഞാനം ഈശ്വരീയജ്ഞ ഒരു ജീവനെ ഉപദേശിക്കുകയാണ് ആത്മതത്വത്തെക്കുറിച്ച് ഉപദേശിക്കുകയാണ് ഈശ്വരനെ പോലെ സർവജ്ഞനാകാനുള്ള വലിയ ഉപദേശിക്കുന്നു എന്ന ആത്മബോധത്തെയും സർവജ്ഞത്വം എന്ന് പറയും അർത്ഥത്തിലാണ് മഹാത്മാക്കളെ സർവജ്ഞൻ എന്ന് പറയുന്നത് അവിടെ എന്താണ് സർവം ജാനാലി സർവത്തെയും അറിയുന്നു സർവജ്ഞ ആത്മജ്ഞാനിയും സർവജ്ഞനാണ് സർവത്തെയും അറിയുന്നതും ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നതും അതാണ് ആത്മജ്ഞൻ സർവത്തെയും എങ്ങനെ അറിയുന്നു സർവം ആത്മരൂപേണ ജാനാർത്ഥി സർവത്തെയും ആത്മസ്വരൂപത്തിലറിയുന്നു അതുകൊണ്ട് സർവജ്ഞനാണ് സർവത്തിനെയും അതാതിന്റെ രൂപത്തിലല്ല സർവത്തിനെയും ആത്മരൂപത്തിലറിയുന്നു അങ്ങനെ അറിഞ്ഞാലും സർവജ്ഞനാണ് പക്ഷെ അവിടെ സർവവിഷയക ജ്ഞാനമെന്നുള്ള അർത്ഥം അത് അസംഭവമാണ് രണ്ടും രണ്ടു കാര്യങ്ങളും ഒന്ന് അതീന്ദ്രിയ ജ്ഞാനം മറ്റൊന്ന് സർവജ്ഞത ഇത് രണ്ടും ഒരുപോലെയല്ല ചർച്ചയും അതായത് സാധാരണ ജീവന്മാർക്ക് ഇന്ദ്രിയ വിഷയമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും യോഗികൾക്കും മറ്റും അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും ഇവിടെ ഋഷിമാര് തന്നെ പറയുന്നു കർമ്മം കർമ്മത്തിന്റെ ഫലം ഇതൊന്നും സാധാരണ ജീവന്മാർക്കറിയാമെന്നുള്ള കാര്യങ്ങളല്ല അതീന്ദ്രിയമായ വിഷയങ്ങളാണ് ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ കഴിയാത്ത കാര്യങ്ങളും പറയുന്നു ർഷജ്ഞാനം എന്ന് പറയുന്നു ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് സാധാരണ ബുദ്ധിക്ക് കടന്ന് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ഋഷിമാരുടെ പ്രജ്ഞ കുടുന്നില്ല അപ്പം ആ വിഷയങ്ങളെ കുറിച്ച് അറിവുണ്ടാകും അത് സർവജ്ഞതയല്ല എന്നാൽ അതും പരിമിതമാണ് ചില വിഷയങ്ങളെ കുറിച്ച് അതീന്ദ്രിയമായി അറിഞ്ഞാൽ മറ്റു വിഷയങ്ങളെ കുറിച്ച് അറിയാതിരിക്കും അങ്ങനെ സംഭവിക്കും അവിടെയും ഒരു ജീവന് സർവജ്ഞത സാധ്യമല്ല അതീന്ദ്രജ്ഞാന ഉള്ളിടത്ത് നിയോഗശാസ്ത്രത്തിലും മറ്റും പറയുന്നു മണിമന്ത്ര ഔഷധികൾ കൊണ്ടുവരുന്ന സിദ്ധി അതുകൊണ്ട് വരുന്ന സർവജ്ഞ അതും പരിച്ഛിന്നമാണ് പരിമിതമാണ് എന്തുകൊണ്ടാണ് ഇത് പരിമിതമാകുന്നത് നമ്മുടെ സിദ്ധി സാധന ആശ്രയിച്ചിരിക്കുന്നു എല്ലാ സിദ്ധികളും സാധന ആശ്രയിച്ചിട്ടാണ് ഈശ്വര സർവജ്ഞനായിരിക്കുന്നത് അല്ലെങ്കിൽ സാധനയിലൂടെ നേടിയ സിദ്ധിയുണ്ടല്ലോ യോഗി സിദ്ധനാകുന്നെങ്ങനെ എന്തെങ്കിലും സാധനയിലൂടെ നേടുന്ന സ്ഥിതിയാണ് ഓരോ സ്ഥിതിക്കും പ്രത്യേക സാധന നിർദ്ദേശിച്ചിട്ടുണ്ട് യോഗസൂത്രത്തിനും മറ്റും പറയുന്നു യോഗശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നു തന്ത്രമന്ത്രശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നുണ്ട് അവിടെ എന്താണ് ഇന്ന പ്രത്യേക സിദ്ധിക്ക് വേണ്ടി ഇന്ന സാധന ചെയ്യുക അപ്പോൾ ആ സിദ്ധി ആ സാധന അപേക്ഷിക്കും അപ്പോൾ ആ സാധന കൊണ്ട് ആ സിദ്ധി കിട്ടും മറ്റു സിദ്ധികളില്ലാതെ പോകും അത് വേണമെങ്കിൽ പിന്നെ അത് ചെയ്യണം അങ്ങനെ അനന്തമായ സിദ്ധികളും അനന്തമായ സാധനവുമായിട്ട് എടുക്കും സാധന സാധനയിലൂടെ ഉണ്ടാകുന്ന സിദ്ധികളും പരിമിതമാണ് കാരണം സാധന അപേക്ഷിക്കും അവിടെയും യോഗയ്ക്ക് സർവജ്ഞനാകാൻ സാധ്യതയുണ്ട് സിദ്ധിയാശ്രയിക്കുന്നുണ്ട് ഈശ്വരനെ ഏതെങ്കിലും സാധന ചെയ്തിട്ടാണോ സർവജ്ഞനായതല്ല യോഗികളും മറ്റും സാധനയിലൂടെ ആയിരിക്കുന്നത് സിദ്ധിയാണ് അതുകൊണ്ട് അതിന് പരിമിതിയുണ്ട് കാലദേശങ്ങളെ കൊണ്ട് പരിമിതി വരും കർണങ്ങളുടെ പഠിത്തവും ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും സാമർഥ്യം ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് സിദ്ധി പ്രകടമാവുന്നത് കർണങ്ങൾ അന്ധകർണം മറ്റും നല്ല യോഗ്യമായി തരുന്നില്ലെങ്കിൽ ശ്രദ്ധിയൊന്നും പ്രകടമാകത്തില്ല വെറും സാധാരണക്കാരനെ പോലെ ലൗകികമായ അജ്ഞനായ ഒരു മനുഷ്യനെ പോലെ യോഗി നിസ്സഹായനായിപ്പോ കരണക്ഷതി സംഭവിച്ചാൽ കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനത സംഭവിച്ചാൽ യോഗിയുടെ സിദ്ധി പ്രകാശിക്കാറുണ്ട് അതിന് വലിയ യോഗികളൊക്കെ ചിലപ്പോൾ ബോധമില്ലാതെ കിടക്കും അപ്പോൾ അവരിൽ നിന്നൊരു സിദ്ധിയും പ്രകടമാകുന്നു ഭൂതഭാവികളെയൊന്നും അറിയാതിരിക്കും ചിലപ്പോൾ അറിഞ്ഞിരിക്കും ചില സമയസിദ്ധി പ്രകടമായിരിക്കും ചിലപ്പോൾ അജ്ഞന പോലെ ആകും ഇപ്പം പേക്ഷികമാണ് ജീവനെ സംബന്ധിച്ച് സിദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ടിവിടെ അത്രയൊരു സർവജ്ഞതയെക്കുറിച്ചല്ല പറയുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആത്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെല്ലാത്തിനെയും അറിയും ഭൂതഭാവികളെല്ലാം അറിയും മറ്റുള്ളവരുടെ മനസ്സറിയും ഭാവിയെ അറിയും അങ്ങനെ എന്തെങ്കിലും സിദ്ധികൾ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സാധനങ്ങൾ ചെയ്താലും അങ്ങനെ സിദ്ധിയുണ്ടാകും സർവസാധാരണമല്ല അപൂർവം യോഗികളിലും മറ്റും കാണുന്ന കാര്യമാണ് അത് വളരെ ക്ലേശകരമായ തപസ്സും മറ്റും ആവശ്യമുണ്ട് അല്ലാതെ ഇതുണ്ടാവത്തില്ല അത് നാനാത്വജ്ഞാനമാണ് ഏകത്വജ്ഞാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മതത്വജ്ഞാനം തദ്ദേശം അതാണ് ഇവിടുത്തെ അത്ഭുതം സ്വരത്വ ഇതിവിടെ അത്ഭുതമാണ് ആത്മതത്വ ബോധത്തെക്കാൾ വലിയൊരു അത്ഭുതമില്ല ബോധത്തെയോ ഭാവിയോ അറിയുന്നതോ മറ്റൊരാളുടെ മനസ്സറിയുന്നതോ പ്രവചിക്കുന്നതൊന്നും അത്ഭുതമില്ല എന്തുകൊണ്ട് ഒരു കർമ്മവും ഫലവും അതിൽ അത്ഭുതത്തിന് ഒരു അവകാശമുണ്ട് പ്രപഞ്ചത്തിന് ഒരു നിയമമാണ് ആ നിയമവിധേയമായി പ്രവർത്തിക്കുന്നു അത്ഭുതമാണ് എന്താണ് ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം അതൊരു നിയമത്തിന് അധീനമാണ് അതുകൊണ്ട് അതിൽ അത്ഭുതം അവകാശപ്പെടാൻ ഇന്ന സാധന ചെയ്താൽ ഇന്ന ഫലം ഉണ്ടാകും ആ സാധനയുടെ പ്രവൃത്തിയിൽ ആ ഫലം ഉണ്ടാകുന്നു അത് വ്യവസ്ഥിതമാണ് ഈശ്വരന്റെ നിയമം അനുസരിച്ച് ഇവിടെ നിശ്ചിതപ്പെടുത്തിയ കാര്യങ്ങളാണ് അപ്പം അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പ്രവർത്തിക്കേണ്ട ഫലമുണ്ടാവും പ്രസിദ്ധിയോദ്ദേശിച്ച ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ പ്രവൃത്തിയെ പൂർണമാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലമുണ്ടാകും എന്തുകൊണ്ട് അത് കർമ്മനിയമം ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന കർമ്മത്തിന്റെ നിയമം അതിനെന്താ അത്ഭുതപ്പെടാനിരിക്കുന്നു അതിനൊന്നും അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇതെന്താണ് ആത്മബോധം അത് കർമ്മഫലമല്ല മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അത് കർത്തൃതന്ത്രമല്ല പുരുഷപ്രയത്നത്തിന് അധീനമല്ല അവിടെ നിയമങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത് സതേത അത്ഭുതം അതിന് പ്രവർത്തിക്കാനോ അതിനെ സ്വാധീനിക്കാനോ ഒന്നുമില്ല അത് കർണങ്ങളെ ആശ്രയിക്കുന്നില്ല ജീവന്റെ കർത്തൃത്വത്തെ തന്നെ ആശ്രയിക്കുന്നെങ്കിൽ പിന്നെ കർണ്ണങ്ങളെ എങ്ങനെ ആശ്രയിക്കും അത് അത്ഭുതമാണ് ബാക്കി എല്ലാം അത്ഭുതമാകുന്ന സുദ്ധികളും മറ്റു യോഗസിദ്ധികളും മറ്റും അത്ഭുതമാകുന്ന അത് താമരന്മാരെ സംബന്ധിച്ച് അജ്ഞന്മാരെ സംബന്ധിച്ച് അത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്താണോ ഇതെല്ലാം വിധേയമായി നിയമ വിധേയമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് നിശ്ചിതമായ കാര്യങ്ങളാണ് കർമ്മവും അതിന്റെ ഫലവും എന്നുള്ള നിലയ്ക്ക് ഈശ്വര നിയോഗം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും അത്ഭുതപ്പെടുത്തില്ല സർവജ്ഞത്തിലോ അതീന്ദ്ര വിഷയങ്ങളിലോ ഒന്നും അത് ഒരു പാമരന്റെ അജ്ഞാനത്തെ അപേക്ഷിച്ചത് മഹത്വമുള്ളതാണ് അത്തരം കാര്യങ്ങൾ പക്ഷെ ആത്മബോധത്തുമായി നോക്കുമ്പോൾ അത് തുച്ഛുമാണ് ഇതെല്ലാം അതിനത്ഭുതമെന്ന് പറയാൻ വയ്യ ആത്മബോധവുമായി താരതമ്യപ്പെടുത്തിയാൽ അതിന് തുച്ഛം എന്നാണ് പറയുന്നത് ഈ അത്ഭുതങ്ങളല്ല എന്തുകൊണ്ട് ആത്മബോധത്തിൽ ഇതെല്ലാം അത്ഭുതങ്ങളല്ലാതായിത്തീരുന്നു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആശ്ചര്യമില്ല വാസത്തിനും മറ്റും പറയും ഇവിടെ എന്താണ് ആശ്ചര്യമായിട്ടുള്ളത് അത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു അത്ഭുതകരമായിരിക്കുന്നു എന്ന് പറയുന്നത് പാമ്പരനാണ് തത്വനെ സംബന്ധിച്ച തത്വനിഷ്ഠയിൽ ഇവിടെ ആശ്ചര്യകരമായിട്ടൊന്നും തന്നെ എന്തുകൊണ്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നത് ഇവിടെ പാമരൻ എന്തെങ്കിലും അത്ഭുതമായി കണ്ടാലും സ്വാഭാവികമായി കണ്ടാലും എല്ലാം ഈശ്വരൻ നിയമം അനുസരിച്ച് ഈശ്വരന്റെ നിയോഗമനുസരിച്ച് പോകും അത് ഈശ്വരന്റെ നിയമത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അത് പിന്നെ അത്ഭുതപ്പെടേണ്ട കാര്യം തോന്നും ഒന്നുമില്ല പിന്നെ മഹത്വം എന്ന് പറയുന്ന ഇവിടെ ആധ്യാത്മിക മഹത്വം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഈശ്വരബോധത്തിലാണ് മഹത്വം അങ്ങനെ അയാളുടെ ഹൃദയശുദ്ധിയിലാണ് മഹത്വം എല്ലാം അവിടെ എല്ലാ മഹത്വവും അന്തർഭവിച്ചിരിക്കുന്നു ഹൃദയശുദ്ധിയിൽ അത് മഹത്വം ആണ് ഈശ്വരബോധവും മഹത്വമാണ് ഇത് രണ്ട് അതുകൊണ്ട് ആത്മബോധത്തെയാണ് ഇവിടെ അത്ഭുതം എന്ന് പറയുന്നത് മറ്റൊന്നും അത്ഭുതമല്ല തതേതത് അദ്ഭുതം ആഹാ കഥം നു ഏത് അപ്രസിദ്ധം അന്യവിജ്ഞാന അന്യ വിജ്ഞാതം ഭൗതിത്യവും മന്വാനോ ക്രിസ്റ്റതി കേട്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയുള്ള സംശയം ഉണ്ടാവും ഏതെന്തിനും അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത് ആത്മാബോധത്തെ അറിഞ്ഞാൽ പിന്നെ എല്ലാം അറിയാൻ പറ്റും ഒന്നിന്റെ അറിവുണ്ട് വേറെന്തിനെ അറിയുക അതന്നെ അങ്ങനെ അവരർത്ഥം വരും നിങ്ങൾ ആത്മാവിനെ അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ പല കാര്യങ്ങൾ കുറഞ്ഞു വേറെ ആളുടെ മനസ്സറിഞ്ഞു വേറെ ഭൂതമറിഞ്ഞു വേറെ ആളുടെ ഭാവി അറിഞ്ഞു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവും അതെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു കഥം നിത്യേന പ്രകാരം എഭവസ്വാദീസ് ഉഭൂതി എന്താണോ ഉപദേശം ജിജ്ഞാസ ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആധ്യാത്മിക ജിജ്ഞാസ സാധനം ഉണ്ടാകുന്നത് അങ്ങനെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും അത്ഭുതം കാണുമ്പോൾ അതിശയം കാണുമ്പോൾ ഒരു പാമ്പരണ സംബന്ധിച്ച് അത്ഭുതകരമായ അതിശയകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ആധ്യാത്മിക ജിജ്ഞാസ ഉണ്ടാവണം സാധാരണമായ കാര്യമാണ് സാധാരണ മനുഷ്യൻ നിർവഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അത് ആധ്യാത്മികത എന്ന് കരുതി മനുഷ്യന് ആധ്യാത്മികതയോട് ആകർഷകരാകും അതുപോലെ തന്നെ ഇവിടെയും ചോദ്യം ഇതെങ്ങനെ സംഭവിച്ചു അശ്രദ്ധമായതല്ല അശ്രദ്ധമായി ഇവിടെ പന്ത്രണ്ട് വർഷം വേദന അധ്യയനം പഠിച്ച കാര്യങ്ങൾ അറിയാൻ പഠിക്കാത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇവിടെ പറയുന്നത് എന്താണ് എല്ലാം അറിയാവുന്നതാണ് പഠിക്കതും പഠിച്ചതും പഠിക്കാത്തതും എല്ലാം അറിയാൻ പറ്റുമെന്നാണ് അപ്പോൾ ഒരു ജിജ്ഞാസ ഉണ്ടാവുന്നു അതെങ്ങനെ അതെങ്ങനെ സാധിക്കുന്നതിനെന്താ ഉപായം എന്ത് വിദ്യേതുകൂടെയാണ് എന്ത് സാധനം ചെയ്താലാണ് എന്താ അഭ്യാസം കാണിച്ചാലാണ് എന്നൊരു ജിജ്ഞാസുണ്ടാവും മനുഷ്യൻ്റെ ആധ്യാത്മിക ജിജ്ഞാസയെന്ന് പറയുന്നതെല്ലാം തന്നെ ഈ അത്ഭുത ജിജ്ഞാസയാണ് അത് പരമാർത്ഥമുണ്ടാവുന്നതാണ് ആധ്യാത്മിക വ്യക്തികളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നുള്ളതല്ല അത് സംഭവിക്കാം വിശിഷ്ടമായ ജ്ഞാനമോ അലൗകികമായ ജ്ഞാനമൊക്കെ സംഭവിക്കാം പക്ഷെ തത്വത്തിൽ അതിനൊന്നും പ്രാധാന്യമില്ലാതെ പറഞ്ഞത് തത്വദൃഷ്ടിയിൽ ആത്മബോധത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ പക്ഷെ പാമരന്മാർ അതിലേക്ക് ആകർഷിരാകരുത് അതാണ് മഹാത്മാക്കളുടെ സാമീപ്യത്തിലും പാമരന്മാർക്ക് ശ്രദ്ധയും താല്പര്യം ഒക്കെ മറ്റു വിഷയങ്ങളിലായിരുന്നു ആത്മബോധത്തിലായിരിക്കുന്ന താല്പര്യം അവരുടെ താല്പര്യം അത്ഭുതങ്ങളിലും തുച്ഛമായ കാര്യങ്ങളിലായിരിക്കും അതുകൊണ്ടിവിടെ ജിജ്ഞാസുണ്ടാകുന്നു എങ്ങനെ ഏത് തരത്തിൽ ആ വിദ്യ എനിക്കും കിട്ടുന്നത് ഒരാളെ കുറിച്ച് കേട്ടു അദ്ദേഹത്തിന് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും യോഗസിദ്ധനാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് അങ്ങനെ പറക്കും എന്നുണ്ടെങ്കിൽ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരങ്ങോട്ട് ആകർഷകരാവും ദിവസപഴി തമാശയായിട്ട് തോന്നും ം പരിശീലിക്കുന്നിടത്ത് നല്ല അകത്ത് സ്പ്രിംഗ് ഒക്കെ വെച്ച കുഷനുള്ള വലിയ ബെഡ് ഇട്ടിട്ട് അതിന്റെ പുറത്തിരുന്നു പരിശീലിക്കുന്നു എന്നിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു പൊങ്ങാൻ ഇരുന്നു കൊണ്ട് പത്മാസനത്തിൽ ഇരുന്ന് ഒന്ന് പൊങ്ങുമ്പഴത്തേ റബ്ബർ കുഷൻ കിടന്ന് ചാടും ആകാശത്തിലൂടെ പറക്കുന്നു വിചാരിക്കും ഒരാളും അങ്ങനെ ആകാശത്തിലൂടെ പറന്നു കണ്ടിട്ടില്ലെങ്കിലും ഈ ചാട്ടം കണ്ടുകൊണ്ട് ഒരുപാട് പേര് പോയിരുന്നു ചാടുന്നത് ചാടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾക്ക് ആ ആരും ഇന്നുവരെ ശിഷ്യന്മാർ പറന്നിട്ടില്ല ഗുരുവും പറന്നിട്ടില്ല ആകാശത്തിലൂടെ പറഞ്ഞിട്ടില്ല പക്ഷേ ജീവകാലം മുഴുവൻ ഇങ്ങനെ പറക്കാൻ അഭ്യസിക്കുന്നവരുണ്ട് ആ ശ്രദ്ധയെന്തായാലും അംഗീകരിക്കും കുഷനിരുന്ന് ചാടിക്കഴിഞ്ഞാൽ കുറച്ച് പൊങ്ങൂരടി പൊങ്ങൂ പക്ഷെ നാളെ ഒരു കാലത്ത് ആകാശത്തിലൂടെ പോകുന്നു പണ്ട് യോഗികൾ ആകാശത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് അവരെ കുഷനിരുന്ന് ധ്യാനിച്ചിട്ടല്ല പാട്ടിലും മലയിലും ഗുഹയിലും പേരുന്ന് ധ്യാനിച്ചിട്ട് അങ്ങനെ ചില ആകാശഗമനം പോലുള്ള സ്ഥിതികൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പിന്നെന്തായാലും അങ്ങനെയൊന്നും ആയിരുന്നു പറക്കുന്നവരെയൊന്നും കണ്ടിട്ടില്ല ഒരുപക്ഷെ പ്ലെയിനൊക്കെ ആകാശത്തുള്ളത് കൊണ്ടായിരിക്കും എന്നാലും പറക്കാത്ത ആക്സിഡന്റ് സംഭവിക്കുന്നു വിചാരിച്ചിട്ടില്ല പണ്ടങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു പക്ഷെ ഇന്നും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് വളരെ തമാശയായിട്ട് തോന്നും പക്ഷേ മൂഢശ്രദ്ധ എന്ന് പറയാം ജഡശ്രദ്ധ ജഡമായ ശ്രദ്ധ വിവേകില്ലാത്ത ശ്രദ്ധ അതുകൊണ്ട് അത്തരം പരിശീലനങ്ങളും ആൾക്കാർ ഇടപെടുന്നു ഒരിക്കലും നടക്കുന്ന കാര്യമില്ല ഗുരു പറഞ്ഞിട്ടുണ്ട് പിന്നെ ശിഷ്യം പറക്കുന്നു അപ്പം ഇത് ജിജ്ഞാസുണ്ടാവും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരാൾ പറക്കുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ജിജ്ഞാസുണ്ട് അതല്ല ഇവിടെ പറയുന്നത് ആ ജിജ്ഞാസയുണ്ട് ഇവിടെ ശിഷ്യനും ഉണ്ടാവുന്നു കേനപ്രകാരം ഉണ്ടായി എങ്ങനെ അത് സാധിക്കും അതിന് സമാനം പറയുന്നതോ നോക്ക എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ശരി അങ്ങനെ ഒരു വിദ്യ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നീ ഈ മന്ത്രം ജപിച്ചാൽ മതി കുറച്ചു കാലം ജപിക്കുമ്പം അല്ലെങ്കിൽ നീ ഈ സംഗതി ചെയ്തു കഴിഞ്ഞാൽ മതി കുറച്ചു കാലം കഴിയുമ്പം ഇതുവരെ കേക്കളാത്തതെല്ലാം നീ കേൾക്കും അറിയാത്തതെല്ലാം അറിയും എന്ന് പറഞ്ഞുകൊടുക്കുന്നില്ല ഏനാശ്രിതം ശ്രുദ്ധം ഭവതി എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് എന്തോരദ്ഭുതം പറയാൻ പോവുകയാണ് കേ ഇതുവരെ കേൾക്കാത്തതെല്ലാം കേൾക്കുന്ന ഒരു വിദ്യ എന്തെങ്കിലും ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയായിരിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടെക്നിക്ക് പഠിപ്പിച്ചുകൊടുക്കുകയായിരിക്കും ഇവിടെ അങ്ങനെ യാതൊന്നുമില്ല ഇവിടെ പറയുന്ന കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ വെയിറ്റ് ഉള്ള ഒരു കാര്യവും പറയുന്നില്ല ഖനമുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇവിടെ പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ശിഷ്യന്മാരെല്ലാം നിരാശപ്പെടും ഉടനാ ഗുരുവിനെ ഉപേക്ഷിച്ച് സ്ഥലം ഇത് പറയാനാണോ പറഞ്ഞത് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് ഇതാണോ പറയുന്നത് യഥാസോമ്യ ഏകേന മൃത്കുണ്ടേനൃന്മയം വിജ്ഞാനം സ്യാ വാചാരംഭണം വികാരോ നാമധേയം ൃത്തികെത്തിയവ സത്യം ഇവിടെ വളരെ ലളിതമായി താൻ പറഞ്ഞ കാര്യത്തിവിടെ വിശദീകരിക്കുകയാണ് ഇവിടെ കണ്ണടച്ച് അരമണിക്കൂർ ഇരിക്കാനോ മൂക്കിൽ പിടിച്ചുകൊണ്ട് പ്രാണനവലിക്കാനോ അല്ലെങ്കിൽ തല താഴെയാക്കി കാലും മേലോട്ടാക്കി നിൽക്കാനോ എന്തെങ്കിലും രഹസ്യമന്ത്രമോ ഇതൊന്നും പറയുന്നില്ല പിന്നെന്താണ് പറയുന്നത് യഥാ സാദേശോ ഇത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ സൗമ്യാ ദൈവ പ്രിയപ്പെട്ടവനെ യഥാലോക ഏകേന മൃത്പുണ്ഡേന കരകുംഭാദി കർണഭൂതേന വിജ്ഞാതേന സർവമഞ്ജാരജാ മൃന്മയം മൃത് വികാര ജാതം വിജ്ഞാതം നമ്മളെത്രയോ തവണ കേട്ട കാര്യമാണ് പറയുന്നു മണ്ണും മൺപാത്രവും അറിഞ്ഞാൽ ഇങ്ങനെയായി തീരുവെന്നാണ് എന്താണോ ഏകേനം മൃപ്പുണ്ടേന ഒരു മണ്ണുരുള കരകുംഭാദി കാരണഭൂതേന അതാണ് പലതരത്തിലുള്ള മൺപാത്രങ്ങൾക്ക് കാരണമായിരിക്കുന്നത് വിജ്ഞാതന ആ മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവ്വം മന്യ തദ്വികാരം ആ മണ് മണ്ണുരുളയിൽ നിന്നുണ്ടായ എല്ലാ പാത്രങ്ങളും മൃന്മയം അത് മണ്ണാണ് മണ്ണ് തന്നെ മൃത് വികാരജാതം വിജ്ഞാത മൃഗികാരമാണ് എന്നറിയപ്പെടും ഇത്രേ പറയുന്നു ഇവിടെ പറഞ്ഞ സർവവും അറിയുന്ന സർവ്വജ്ഞതെന്ന് പറയുന്ന ഇതാണ് മണ്ണുരുളയിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ പരമാത്മാവിൽ ഈ പ്രപഞ്ചം പരമാത്മാവ് തന്നെ ഇത്രേ പറയാനുള്ളു പക്ഷെ മഹാത്മാക്കളും ഇത് പറയാറില്ല എന്തുകൊണ്ടാണ് പറയാത്തത് കാരണം ജിജ്ഞാസ നിവൃത്തി ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇതിനെ അറിയുന്നതിനുള്ള ജിജ്ഞാസ ആരുടെ കയ്യില ആർക്കും ഇതറിയണമെന്നുള്ള താല്പര്യവും ഉണ്ടാവാറില്ല ഒരു ജിജ്ഞാസും ജിജ്ഞാസ മറ്റു വിഷയങ്ങളിലാണ് മുമ്പോ പറഞ്ഞതുപോലെ എങ്ങനെ സർവജ്ഞനാകാം എങ്ങനെ സിദ്ധനാകാം എങ്ങനെ അത്ഭുതങ്ങൾ നേടിയെടുക്കാം എങ്ങനെ അതീന്ദ്രിയമായ ജ്ഞാനത്തെ സമ്പാദിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ജിജ്ഞാസ ആ ജിജ്ഞാസയ്ക്ക് നിവിടത്തി വരത്ത കരുതിയിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞു കൊടുത്താല് തൽക്കാലത്തേക്കെങ്കിലും ആ ജിജ്ഞാസയ്ക്ക് നിവർത്തി ഉണ്ടാവും എനിക്ക് ഇന്ന ശ്രദ്ധയെനിക്കെങ്ങനെ നേടാൻ കഴിയും അത്ഭുതം എങ്ങനെ സംഭവിക്കും അതിനിതാണ് ഉപായം എന്ന് പറയുമ്പോൾ ആ വിശ്വാസം കൊണ്ട് അവന്റെ ജിജ്ഞാസ തൽക്കാലത്തേക്ക് ശമിക്കുന്നു ശരി അപ്പോ ഈ മാർഗത്തിൽ പ്രവർത്തിച്ചാൽ അത് നേടാം സമാധി പര്യന്തമുള്ള കാര്യങ്ങളുള്ള ജിജ്ഞാസയെ നിവർത്തിപ്പിക്കുന്നത് ഗുരുക്കന്മാരിങ്ങനെയാണ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ഒരുവല്ലോ ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു യഥാർത്ഥ ആത്മവിജ്ഞാസവിനാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ലളിതമായിട്ടാണ് ഉപദേശിക്കുന്നത് അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ലളിതമായ മാർഗത്തിലൂടെ അങ്ങനെ വ്യക്തമാക്കും എന്നാലും ഒരിക്കലും ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ അവനും നടത്തിപ്പിക്കത്തില്ല ശ്രുതി കൃഷിയുടെ ഉപദേശം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി പറയുന്നു ഇത്രയേ ഉള്ളൂ ഇവിടെ മൺപാത്രത്തെ കണ്ടാൽ ഇത് മണ്ണമെന്ന് തിരിച്ചറിയുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ കണ്ടാൽ ആത്മാവാണെന്നറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ജിജ്ഞാസന്തൃത്തി ഉണ്ടാവുന്ന കാരണം അങ്ങനെ ഒരു ബോധത്തിന് ആർക്കും ജിജ്ഞാസില്ല ഇല്ലാത്തങ്ങനെ ഒന്ന് കൊടുത്തിരിക്കും കൊടുത്തിരിക്കത്തില്ല അതുകൊണ്ട് ഇത്തരത്തിൽ സാധാരണ മഹാത്മാക്കൾ ഉപദേശിക്കാറില്ല അജ്ഞന്റെ അദ്ഭുത ജിജ്ഞാസയെ നിവർത്തിപ്പിക്കാനുള്ള കാര്യങ്ങളെ പറയാറ് കഥ മൃത്പിണ്ടേ കാരണേ വിജ്ഞാതെ കാര്യമന്യത് വിജ്ഞാദ്യ മൃത്പിണ്ട കാരണം അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബാക്കിയുള്ളവർക്ക് അറിയാൻ കഴിയും പ്രപഞ്ചത്തിനു കാരണം ആത്മാവാണ് എന്ന് ബോധിപ്പിക്കുന്നു ശിഷ്യൻ അത് ബോധിക്കുന്നു ശരി പ്രപഞ്ചത്തിൻ്റെ കാരണം ആത്മാവാണ് അടുത്തെന്താ പറയുന്നത് അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എന്നോ അറിയപ്പെട്ടതായി ഇപ്പം വീണ്ടും ചോദിക്കുന്നു അതങ്ങനെ അന്ന് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി പ്രപഞ്ച ആത്മാവാണ് ബോധ്യപ്പെട്ടു പക്ഷെ ആ ഒരു അറിയാൻ കഴിയുന്നില്ല പ്രപഞ്ചത്തിൽ ഞാൻ എന്നും ഇപ്പോൾ പ്രപഞ്ച കാരണം ആത്മാവാണെന്നറിഞ്ഞതുകൊണ്ട് പ്രപഞ്ചജ്ഞാനം ഉണ്ടാവുന്നില്ലല്ലോ അതാണ് വേണ്ടത് പ്രപഞ്ച ജ്ഞാനത്തെയാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത് ഇതാഗ്രഹിച്ചാണ് പോകുന്നത് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത്ഭുതമായ ശക്തികൾ അത്ഭുതമായ സിദ്ധികളൊക്കെ പ്രതീക്ഷിച്ചാൽ പോകുന്നു ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇതെന്താ അറിയേണ്ടിയിരിക്കുന്നത് ഇത്രേ അറിയാനുള്ളു മൃപ്പിൻ്റെ കാരണ വിജ്ഞാതാര്യം കഥ മൃപ്പിണ്ടത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും അറിഞ്ഞു തന്നെ അറിയാൻ കഴിയും അറിയാത്ത എങ്ങനെ അറിയാൻ കഴിയും നിഷദോഷ അങ്ങനെ ചിന്തിക്കണ്ട ഈ പറയുന്നൊരു ദോഷമൊന്നും എന്താണോ കാരണയിൽ അനന്യത്വക്കാരി എന്നാണ് അറിയേണ്ടത് അല്ല മറിച്ചല്ല മണ്ണ് ഇന്നതാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സർവത്തെയും കുറിച്ചുള്ള ഞാനും ഉണ്ടാവും എന്നല്ല അങ്ങനെ ധരിക്കരുത് അതിനു വേണ്ടിയിട്ടല്ല അത് പറയുന്നത് അതൊട്ട് സംഭവിക്കത്തുമില്ല കാരണം ഇവിടെ മണ്ണെല്ലായിടത്തും കൊണ്ട് പൃഥ്വി മൃണ്മയമാണ് അതിലിവിടെയെല്ലാം മണ്ണ് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മണ്ണ് ഇന്നതാണ് തത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയെല്ലാത്തിനും അറിയുന്നു അത് സാധ്യമല്ല അപ്പൊ ഉദ്ദേശിക്കുന്നു അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പറയാം അവൻ സർവജ്ഞനാണ് ലോകത്തെന്തെല്ലാം മണ്ണ് എവിടെ ഏത് കാലത്ത് ഏത് ഏത് മണ്ണിന്റെ കാര്യം ഇരിക്കുന്നു എന്നെല്ലാം അവൻ അവൻ ഇരിക്കുന്നിടത്തിൽ അറിയുന്നു അത് മഹത്തായ ഒരു കാര്യം പക്ഷെ അങ്ങനെ സംഭവിക്കത്തില്ല പിന്നെന്തായി പറയുന്നില്ല താല്പര്യം പറയുന്നു കർണേന അനന്യത്വ കാര്യം കർണത്തോട് അനന്യമാണ് ഇതാണ് ബോധിക്കേണ്ടത് ഇതല്ലാതെ മറ്റു കാര്യങ്ങൾ ബോധിക്കാൻ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല മണ്ണിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടായപ്പോ കാരണയല്ല ആ കാരണത്തിൽ നിന്നും അനന്യമാണ് കാര്യം എന്നുവെച്ചാൽ കാര്യം ഉണ്ടായിട്ടും അതാണോ മണ്ണിൽ നിന്ന് പാത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും ഉണ്ടായിക്കഴിഞ്ഞു മണ്ണിൽ ഒരുപാട് പ്രവർത്തിച്ചപ്പോഴാണ് അതിൽ പലതും കൂടിച്ചേർന്നപ്പോഴാണ് അതിൽ നിന്ന് പാത്രം ഉണ്ടായിരുന്നു അപ്പൊ കാര്യം എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ആ അനന്യത്തും അതിന് വിടാൻ പറ്റുന്നില്ല ആ കാര്യ മണ്ണിനെ വേർ പിരിയാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അനന്യരൂപത്തിലുള്ള അറിഞ്ഞു ആ മണ്ണിനെ അറിഞ്ഞുകഴിഞ്ഞാൽ കാര്യമായ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞു എങ്ങനെ അനന്യരൂപം അല്ലാതെ ഓരോ പാത്രങ്ങളെയും വേറിട്ട് വേറിട്ടല്ല അതറിയാൻ സാധ്യമല്ല അപ്പൊ ഈശ്വര സൃഷ്ടമാണ് പ്രപഞ്ചം കാര്യം ഈശ്വര സിഷ്ടമായ അനന്തമായ കാര്യത്തെ ഈശ്വരനല്ലാതെ മറ്റാർക്കും അറിയാൻ സാധ്യമല്ല എന്ത് അഭ്യാസിയായാലും എന്ത് യോഗിയായാലും എന്തെല്ലാം മഹത്വം ശരി ആ നാനാത്വത്തെ ഗ്രഹിക്കാൻ പറ്റില്ല അത് ഞാൻ നേരത്തെ കാരണം പറഞ്ഞു ിയങ്ങൾ പരിമിതമാണ് കാര്യം കാരണത്തെ പോലെ തന്നെ അനന്തമായിരുന്നു ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ സാമർത്ഥ്യത്തെ അപേക്ഷിച്ചത് അനന്തമാണ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ചതിന് അത് അനന്തമാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ സാധ്യമല്ല അപരിച്ഛിന്നമായ ഒന്നിനെ പരിച്ഛിന്നമായ ഒന്നിലൂടെ ഗ്രഹിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഒരു സർവജ്ഞത്വം ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരിക്കലും ഉണ്ടാകത്തില്ല ജീവൻ പക്ഷെ ഇത് ലളിതമാണ് യുക്തിക്കും അനുഭവത്തിനും ബോധ്യപ്പെടുന്ന കാര്യമാണ് അതാണ് ഈ കാര്യമായ കാര്യങ്ങൾ എന്നും അറിഞ്ഞില്ലെങ്കിലും ആ കാര്യത്തെയും കാരണത്തെയും സംബന്ധിച്ചുള്ള തത്വത്തെ അറിയാൻ കഴിയുന്നു അനാനാത്വ്ഞാനം എന്ന് പറയുന്നത് വൃദ്ധമായ ജ്ഞാനമാണ് ഒരു ഉപയോഗമില്ല ഇനി ഒരുവൻ വളരെ പരിശ്രമിച്ച് ഈ സർവമൺപാത്രങ്ങളെക്കുറിച്ചും ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ഇന്ന തിരിക്കുന്നു എന്നറിഞ്ഞാൽ എന്താ അതുകൊണ്ട് പ്രയോജനം വിശേഷി പ്രയോജനമൊന്നും ജീവനില്ല ഈശ്വരന് പ്രയോജനം ഉണ്ട് എന്താണ് സ്ഥിതി സംഹാരങ്ങളെല്ലാം ഇവിടെ നിർവഹിക്കണമെങ്കിൽ അത്തരം അറിവെല്ലാം വേണം ജീവൻ എന്താ അതിനൊന്നും ശേഷിയില്ല ഏതെങ്കിലും കാരണം പ്രയാസപ്പെട്ടു ഈ ജ്ഞാനം നേടാമെന്ന് വിചാരിച്ചാൽ തന്നെ സർവജ്ഞത്വം അതുകൊണ്ട് അവന് യാതൊരു പ്രയോജനവും ജീവിക്കുന്നതിനു ചെയ്യുന്നില്ല കാരണം അതില്ലാതെ തന്നെ ജീവന്മാരനാൽ ജീവിക്കുന്നു അല്ല വസ്ത്രാദികൾക്കോ അത് ഉപദ്രിക്കുന്നില്ല അതില്ലാതെ അല്ല വസ്ത്രാദികൾക്കോ ഒന്നിനും ഇഹപരത്തിൽ ഒന്നിനും അത് ഉപയോഗിക്കുന്നില്ല സർവജ്ഞത്വം മറിച്ചതാണെങ്കിലോ അനന്യത്വ അവിടെ പാത്രത്തെ കണ്ടിട്ട് ഒന്ന് ജിജ്ഞാസുണ്ടാവുന്നു എന്താണ് ഈ പാത്രം ഇത് എവിടെ നിന്നുണ്ടായി ഇതെവിടെ നിലനിൽക്കുന്നു ഇതിവിടേക്ക് പോകുന്നു ഇത്തരം ജിജ്ഞാസകളുണ്ടാവും ചിന്തിക്കുന്നവരുണ്ടാവും ആ ജിജ്ഞാസക്ക് ശമനം ഇത് മണ്ണിൽ നിന്നുണ്ടായി മണ്ണിൽ നിലനിൽക്കുന്നു മണ്ണിൽ തന്നെ വിലയിക്കുന്നു അത് തത്വ ജിജ്ഞാസയ്ക്കുള്ള ശമനം ഉണ്ടാകുന്നു അതുമുണ്ട് വ്യർത്ഥമായ ജിജ്ഞാസകളാണെങ്കിൽ അതിനൊന്ന് ശമനം ഉണ്ടാകരുത് തലതിരിഞ്ഞ ജിജ്ഞാസകളാണെങ്കിൽ അതിനൊന്ന് ശമനം ഉണ്ടാകുന്നില്ല ഇവിടെ തത്വ ജിജ്ഞാസയാണ് പത്രത്ത് കാണുമ്പോൾ ഒരാൾക്ക് ജിജ്ഞാസ ഉണ്ടാകുന്നത് തത്വ ജിജ്ഞാസയാണ് എന്താണ് ഇതിന് തത്വം പരമാർത്ഥം ഇതെങ്ങനെ സംഭവിച്ചു പിന്നെയും അതിന്റെ നീളം ഗുണം ആകൃതി വീതി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഉള്ള ജിജ്ഞാസയാണെങ്കിൽ അതൊക്കെ ഇതുകൊണ്ട് ശ്രമിക്കത്തില്ല പാത്രം കണ്ടു ഈ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ആ ജിജ്ഞാസ ശ്രമിക്കത്തില്ല തത്വബോധം കൊണ്ട് ശമിക്കത്തില്ല അതെല്ലാം തത്വജിജ്ഞാസയല്ല മറ്റെന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസകളായിരിക്കും ഇതിലൂടെ വേണമെങ്കിൽ ആത്മബോധത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറാം തത്വജിജ്ഞാസയാണ് ഇവിടെ നിർത്തിപ്പിക്കുന്നത് അത് മൃത്താണ് പാത്രങ്ങളെല്ലാം മൃത്ത് തന്നെ അവിടെ ബോധം എന്താണ് തത്വബോധം ആ കാര്യങ്ങളുടെ തത്വത്തെ കുറിച്ചുള്ള ബോധം ആ കാര്യങ്ങളെല്ലാം കാരണം തന്നെ നമ്മളീ പ്രപഞ്ചത്തെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് അനേക ജിജ്ഞാസകളുണ്ടാവാറുണ്ട് നാനാ തത്വം ഈ പ്രപഞ്ചത്തെ പൊതുവെ സംബന്ധിച്ച് മാത്രമുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രദക്ഷിണം പല ജിജ്ഞാസകളും ഉണ്ടാവും ഇതങ്ങനെ സംഭവിക്കുന്നു അതങ്ങനെ സംഭവിക്കുന്നു ഓരോ വസ്തുവിനെ കുറിച്ചും ജിജ്ഞാസുണ്ടാവും അന്വേഷണം തുടങ്ങുന്നു പല കണ്ടെത്തലുകളും നിയത്തിച്ചേരുന്നു ഈ ജീവന സംസാരത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജിജ്ഞാസകളും അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് പക്ഷേ ഇതൊന്നും തത്വ ജിജ്ഞാസ ചർച്ച ചെയ്യുന്നത് കേവലം തത്വ ജിജ്ഞാസയെക്കുറിച്ചാണ് അതിന്റെ ശമനം എങ്ങനെ ഉണ്ടാവും ഇവിടെ പറയുന്ന നാനാ തരത്തിലുള്ള ജിജ്ഞാസകൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ ഈ പുസ്തകത്തെ കാണും ഇതെങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി തുടങ്ങി നൂറുകണക്കിന് ജിജ്ഞാസുണ്ടാവും അതത്വ ജിജ്ഞാസ ഈ ജിജ്ഞാസകൾക്ക് തത്വജ്ഞാനം കൊണ്ട് ശമനം ഉണ്ടാകത്തില്ല ഇതിനെ ശമിപ്പിക്കുന്നത് അല്ല തത്വജ്ഞാൻ ഈ ജിജ്ഞാസകൾ ഈ അതത്വ ജിജ്ഞാസ അതിങ്ങനെ അനന്തമാണ് ജാഗ്രത സദാസമയം മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതിന് കുറേയൊക്കെ ഉണ്ടാകും ഇത് അവന് തൃപ്തനാകത്തില്ല ഈ സമാധാനങ്ങൾ കാരണം ഓരോ ജിജ്ഞാസ ശ്രമിക്കുമ്പോൾ അടുത്ത ജിജ്ഞാസ വരും ഒരേ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ വളരെ പരിശ്രമിച്ച് ഒരു ജിജ്ഞാസക്ക് ശമനം കണ്ടെത്തി കഴിഞ്ഞാൽ അതാണ് ശാസ്ത്രീയമായ അന്വേഷണം കണ്ടെത്തലുകൾ പറയുന്നു ഉടനടുത്ത ജിജ്ഞാസ വരും അതവന് കൃതകൃത്യനാകത്തില്ല തൃപ്തനാകത്തില്ല തത്വ ജിജ്ഞാസയുടെ പ്രയോജനം അതാണ് അവന് വസ്തുവിന്റെ നാനാത്വത്തെ സംബന്ധിച്ചുള്ള ജിജ്ഞാസയല്ലേ വസ്തുതത്വത്തെക്കുറിച്ചുള്ള ജിജ്ഞാസയാണ് ആ വസ്തുതത്വത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ അവനെ കൃതകൃത്യനാക്കുന്നു ആ ജിജ്ഞാസയുടെ ശമനം ഇതിന്റെ തത്വം ഇന്നതാണ് എന്നുള്ള ബോധത്തിനും നിശ്ചിന്തനാവും അവന് കൃതാർത്ഥത എന്ന് പറയും മറ്റങ്ങനെയല്ല ഒരു ജിജ്ഞാസ അവസാനിക്കുന്നു അടുത്ത ജിജ്ഞാസുണ്ടാവും അപ്പൊ അവന്റെ ജിജ്ഞാസെന്നറിയുന്നതിന് സർവജ്ഞതയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസ അത് ശാസ്ത്രത്തിലൂടെ ശ്രമിച്ചാലും മറ്റെന്തെങ്കിലും ഉപായങ്ങളിലൂടെ അഭ്യാസങ്ങളിലൂടെ ശ്രമിച്ചാലും അവന്റെ താല്പര്യ സർവജ്ഞതയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയാണെങ്കിൽ വിഷയജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ജിജ്ഞാസയാണെങ്കിൽ അത് നിവർത്തിപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും കൃതകൃത്യത ഇതങ്ങനെയല്ല ം എങ്ങനെയുണ്ടപഞ്ചം ഏതുവരെ നിലനിൽക്കും ഈ പ്രപഞ്ചത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ സംബന്ധിച്ചുള്ള അനന്തമായ ജിജ്ഞാസകൾ അത് നമ്മൾ അനന്തമായി നിവർത്തിച്ചാലും ശരി കൃതകൃത്യത ഉണ്ടാകരുത് ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രപഞ്ച തത്വത്തിലാണ് ജിജ്ഞാസ ജിജ്ഞാസ ആണ് ഒന്നിനെയുള്ള ജിജ്ഞാസ ആ ഏകാന്ത ജിജ്ഞാസ എന്ന് വർദ്ധിച്ചാൽ അവൻ പ്രതകൃത്യനായിത്തീരുന്നു ഇതിന്റെ തത്വം ഇന്നതാണോ അവൻ അതിനെ കുറിച്ചേ ജിജ്ഞാസ ഉണ്ടായിരുന്നതോ അതെന്ന് വർദ്ധിച്ചു പ്രതകൃത്യനായി മറ്റു ജിജ്ഞാസകൾ നനത്വത്തെക്കുറിച്ചുള്ള ജിജ്ഞാസകൾ അതുണ്ടാകാൻ ഉണ്ടാകാതിരിക്കാം അത് ഇതുമായിട്ട് ബന്ധമില്ല ഉടനെ തത്വജ്ഞന്റെ വ്യവഹാരത്തെക്കുറിച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നു തത്വജ്ഞൻ എങ്ങനെ ഇരിക്കണം വ്യവഹരിക്കണം തത്വജ്ഞനായി ഭാവിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ വ്യവഹരിക്കണോ എന്നൊക്കെ മനസ്സിലാക്കി തത്വജ്ഞന്റെ ജിജ്ഞാസന്ത പ്രത്യേക എന്ന് പറയുന്നത് ആ തത്വജ്ഞാനമാണ് ഹൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോയി ആൾ എന്നോട് പറഞ്ഞു ഗുരുവിനെ കാണാൻ പോയി വളരെ പ്രസദ്ധനായ ഗുരുവാണ് ഗുരുവിനെ കൊണ്ടുപോയി ഗുരുവിന്റെ അടുത്ത് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ശിഷ്യൻ വളരെ ആത്മജിജ്ഞാസയോടുകൂടിയ ചെന്നി ഈശ്വരജ്ഞാനം വേണം തത്വജ്ഞാനം വേണം അത് ശരിയായ ജിജ്ഞാസയോടുകൂടിയാ ചെന്നത് ഗുരുവിന്റെ അടുത്ത് ഗുരുവിന് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഉപദേശിക്കുന്നു ജ്ഞാനവൈരാഗ്യങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നു ശിഷ്യന്മാരെല്ലാം കേട്ട് ഇരിക്കുന്നു പെട്ടെന്ന് ഗുരു ചോദിച്ചപ്പോൾ സമയം എന്തായി എന്ന് ചോദിച്ചു ഇത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ചെന്ന ജിജ്ഞാസുവിനോ ോധ്യമായി ഈ ഗുരു തത്വജ്ഞനല്ല എന്തുകൊണ്ട് തത്വജ്ഞനായിരുന്നുവെങ്കിൽ ഇപ്പൊ സമയം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് കാരണം ഇപ്പൊ സമയം എന്താണെന്നു ഉള്ള ബോധമില്ലാത്തയാളെങ്ങനെ തത്വജ്ഞനിയാകും അതാണ് ഇപ്പോയ ജിജ്ഞാസന്റെ ആർഗുമെന്റ് ഒരു തത്വജ്ഞനാണെങ്കിൽ ഇപ്പം ഇത്ര മണി കഴിഞ്ഞു ഇത്ര മിനിട്ടാണെന്നും അറിഞ്ഞിരിക്കുന്നു ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് ഇതൊരാള് പറഞ്ഞതാണ് കഥ പറയുന്നതല്ല അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് അപ്പോയാളുടെ ധാരണ എന്തായിരുന്നു ഒരു ഗുരുവിനെ എന്താ ധരിച്ചിരുന്നത് ഗുരു ഇപ്പോൾ സമയം എന്താന്ന് ചോദിച്ചപ്പോൾ ഗുരു തന്റെ അജ്ഞാതയെ വെളിപ്പെടുത്തി താനുദ്ദേശിക്കുന്ന അങ്ങനെയല്ല അങ്ങനെ ഒരു ജിജ്ഞാസ ഒരു സംശയം മനസ്സിൽ വരാൻ പാടില്ലാത്ത ആളാണ് ഗുരു ഗുരുവിനങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ല കാരണം ഇപ്പൊ ഇത്ര മണി കഴിഞ്ഞ് ഇത്ര സെക്കൻഡെന്ന് ഗുരു അറിഞ്ഞിരിക്കുന്നു ആളിനെ ഞാൻ കണ്ടിട്ട് കുറെ കാലമായി ഇപ്പോഴും ആളങ്ങനെ ഒരു ഗുരുവിനന്വേഷിച്ച് നടക്കുകയായിരിക്കും സമയം ചോദിക്കാത്ത ഗുരു കണ്ടെത്തിയോന്നറിയത്തില്ല കണ്ടെത്താൻ യാതൊരു സാധ്യതയില്ല കാരണം തന്റെ സങ്കല്പം ഭാവന അങ്ങനെയാണ് ഗുരുവിനെ സംബന്ധിച്ച് ഗുരു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല കാരണം ഗുരു സർവജ്ഞനായിരിക്കണം ദേശകാലങ്ങളെ കുറിച്ച് എല്ലാം എല്ലാം അറിഞ്ഞിരിക്കണം ഗുരുവിൽ അങ്ങനെ ഒരു ജിജ്ഞാസ വരാൻ പാടില്ല അപ്പൊ തത്വജ്ഞനാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ മൺപാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ ഈ തന്നെ ഈശ്വരൻ നിന്നുണ്ടായതിന്റെ ഈശ്വരൻ തന്നെ അങ്ങനെ ബോധം ഉണ്ടായിക്കഴിഞ്ഞു അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തരത്തിൽ ജിജ്ഞാസ വരാൻ പാടില്ല ഇതാണ് മറ്റൊരു വിഷയത്തെക്കുറിച്ചുള്ള സംശയം മനസ്സിൽ വരാൻ പാടില്ല കാരണം അങ്ങനെ അറിയുന്നവനെ സർവജ്ഞനാണെന്നാണ് പറയുന്നത് ഇവിടെ സർവവും ആത്മരൂപേണ ജാനാദി അറിയുന്നു എന്നുള്ള അർത്ഥം ഗ്രഹിക്കുന്നുണ്ട് സർവത്തെയും അറിയുന്നു സർവത്തെ അറിഞ്ഞാണെന്നുകൊണ്ട് സമയബോധം ഉണ്ടായില്ല രണ്ടും രണ്ടാണ് സമയബോധം എന്ന് പറയുന്നത് വിഷയബോധം കാലബോധം ദേശബോധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിഷയബോധമാണ് ആത്മബോധം ആത്മബോധത്തിൽ വിഷയബോധം ഇല്ലാതാകുന്നില്ല ഈ മൺപാത്രത്തെ മണ്ണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാത്രമൊന്നും അറിയാതിരിക്കും ആ പാത്രം തന്നെ അത് ചട്ടിയാണോ കലമാണോ എന്നറിയാതിരിക്കും അതെല്ലാം അറി അതിനെ സംബന്ധിച്ച് ജൂന്ന ജിജ്ഞാസ ഉണ്ടാകാതിരിക്കും ഉണ്ടാകും തത്വബോധത്തിൽ എല്ലാ ജിജ്ഞാസകളും ശമിച്ച് പിന്നെ എങ്ങനെയിരിക്കും മണ്ണ് പോലെയോ കല്ല് പോലെയോ ഇരിക്കുമെന്നാണ് ഒരുവൻ്റെ ധാരണ ഇങ്ങനെയൊക്കെയാണ് തത്വബോധത്തെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഗുരു അങ്ങനെ ഒരു സംശയം ഗുരു എന്തുകൊണ്ട് സമയം എന്തായാലും ചോദിച്ചാൽ ഗുരു അജ്ഞനാണെന്ന് നിശ്ചയിച്ചു ഗുരു അജ്ഞനാണ് ഗുരുവിന് തത്വബോധമില്ല ഗുരു പറയുന്നതനുസരിച്ച് തത്വബോധമില്ലാന്ന് നിശ്ചയിച്ചു അപ്പോൾ ഈ ജിജ്ഞാസകൾ തത്വബോധത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസ അതിൻ്റെ നിറത്തിൽ പാമരന്റെ ജിജ്ഞാസെന്ന് പറയുന്നത് രണ്ട് രണ്ട് കാര്യങ്ങൾ പാമരൻ ഒരു തത്ത്വജ്ഞനായ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോ ചിലപ്പോ അവന്റെ ഈ പാമരന്റെ നിലയ്ക്കനുസരിച്ചുള്ള ജിജ്ഞാസ എന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപദേശിച്ചെന്ന് വരാം തൽക്കാലം അവന് സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ താത്കാലികമായ ജിജ്ഞാസക്കുള്ള കാര്യങ്ങളും പറഞ്ഞുള്ളു പക്ഷെ പരമാർത്ഥ തത്വബോധത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു അങ്ങനെ ഉപദേശിക്കുന്നത് പരമാർത്ഥ തത്വബോധം ഇന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് താത്കാലികമായ ജിജ്ഞാസെന്നവർത്തിക്കുള്ള ഉപായങ്ങൾ ഉപദേശിക്കുന്നത് ഗുരുവൻ യഥാർത്ഥുള്ള തത്വ ജിജ്ഞാസയാണെങ്കിൽ അതൊരു ആ തത്വജിജ്ഞാസയ്ക്കുള്ള ഉപായങ്ങളെന്ന് വർത്തിപ്പിക്കുന്നു അതാണ് ഇവിടെ ചെയ്യുന്നത് തത്വ ജിജ്ഞാസ അവിടെ നിവർത്തിക്കുന്നു തത്വബോധമുണ്ടാകുന്നു തത്വബോധം കൊണ്ട് മറ്റു കാര്യങ്ങൾ ലൗകികമായ ജിജ്ഞാസകൾ അതിൽ ഞാനേം തത്വജ്ഞനും അജ്ഞനും തമ്മിൽ യാതൊരു വ്യത്യാസവും ലൗകികമായ ജിജ്ഞാസയുടെ കാര്യത്തിൽ ഒരുപോലെ തന്നെ തത്വജ്ഞനം ചോദിക്കാത്ത സമയം എന്തായി ഒരു ലൗകികമായ ജിജ്ഞാസയാണ് അത് നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല അതുകൊണ്ടങ്ങനെ ഉള്ള ചോദ്യങ്ങൾ ജിജ്ഞാസകൾ ഒരജ്ഞനില് എന്നതുപോലല്ല തത്വജ്ഞാനീനെ സംഭവിക്കും വ്യത്യാസം ഇത്രയേ ഉള്ളൂ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനമില്ല മറ്റ് ജിജ്ഞാസകൾ മാത്രം ജ്ഞാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രപഞ്ചവിഷയമായ ഇത്തരം ജിജ്ഞാസകളുണ്ടായിരുന്നാലും അത് തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ തത്വജ്ഞാനെ സംബന്ധിച്ചും തത്വജ്ഞാനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കേവലം ഭാവനകൾ കൽപ്പനകൾ ഇതൊക്കെയാണ് അത് തത്ത്വബോധത്തിലല്ല ആരാണ് തത്വജ്ഞാനി തത്വജ്ഞാനിയുടെ വ്യവഹാരം എന്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പാമരൻ ഭാവനയിൽ പലതും കാണുകയാണ് അവന്റെ കൽപ്പനകളിൽ പലതും കാരണം അവന് തത്വബോധമില്ലല്ലോ തത്വനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്താണ് ആത്മാവ് എന്താണ് തത്വജ്ഞാനം ഇതിൽ കൽപ്പനകളോ ഭാവനകളോ ഒന്നുമില്ല പക്ഷേ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ അതെല്ലാം ഉണ്ടാവും കല്പനകളും ഭാവനകളും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് തത്വജ്ഞാനെ സംബന്ധിച്ച് ഒരു മുൻകൂട്ടി അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ല അതിങ്ങനെ ആയിരിക്കണം തത്വജ്ഞാനം ഇങ്ങനെ ആയിരിക്കണം പ്രജ്ഞാസിക്കാ ഭാഷ അനും ചോദിച്ചില്ല എങ്ങനെ ആയിരിക്കുമെന്ന് ചോദിക്കാം പക്ഷെ ഇങ്ങനെ ആയിരിക്കുമെന്ന് നേരത്തെ തീരുമാനിക്കാൻ പണ്ട് ഒരു തീരുമാനത്തിനൊത്തത്തില്ല അതിങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം കണ്ണടച്ചിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ കണ്ണ് തുറന്നിരിക്കുന്നവരായിരിക്കും ഗുഹയിലിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ വ്യവഹാരത്തിലിരിക്കുന്നവരായിരിക്കും ഇത്തരത്തിലൊന്നും സന്യാസിയായിരിക്കുന്നു ഗൃഹസ്ഥനായിരിക്കണം സ്ത്രീയാണോ പുരുഷനാണോ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മുൻവിധികളും തത്വജ്ഞാനിയെ സംബന്ധിച്ച് സാധ്യമല്ല കാരണം തത്വജ്ഞാനി തത്വജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നു അതെന്താണ് ആ തത്വജ്ഞാനം അതാണ് ഇവിടെ ചെറിയൊരു വാക്കിൽ പറഞ്ഞു കാരണേന അനന്യ എന്തിൽ നിന്നാണോ ഇതുണ്ടായത് ഇത് അത് തന്നെയാണ് അതാണ് തത്ത് ബോധം എൻ മന്യസ്സേയും അന്യസ് അന്യത്ര അന്യ ന്യായത്തെയും പക്ഷെ വീണ്ടും അത് സംശയം വീണ്ടും ഉണ്ടാവും സാധനം ഉണ്ടാവുന്ന സംശയമാണ് ശരി ആത്മാവിനെ അറിഞ്ഞു എന്റെ സ്വരൂപം ആത്മാവാണെന്ന് അറിഞ്ഞുപദേശം ഞാനും അറിഞ്ഞു പക്ഷെ ഇതറിഞ്ഞതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും അറിയാൻ കഴിയുന്നില്ലല്ലോ താൻ എന്നാ അറിഞ്ഞ് സർവജ്ഞനാവാനാണ് ശ്രമിക്കുന്നത് അത് സാധിക്കുന്നില്ലല്ലോ ഗുരുവിൽ നിന്നോ ശാസ്ത്രത്തിൽ നിന്നോ ഒക്കെ മനസ്സിലാക്കി സ്വരൂപാത്മാവാണ് നിത്യമാണ് നിർഗുണമാണ് നിരാകാരമാണ് ശുദ്ധ ബുദ്ധം സ്വഭാവം എന്നെല്ലാം വിശദീകരിച്ചു പക്ഷെ തന്റെ ജിജ്ഞാസം നിവർത്തിക്കുന്നില്ലല്ലോ തനിയെങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അവിടെ അത് ഒന്നിനെ അറിഞ്ഞിട്ട് മറ്റുള്ളതിനെയൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് ഒന്നിനെ അറിഞ്ഞ് മറ്റു പലതിനെ അറിയാൻ ശ്രമിക്കും നമ്മൾ അതിനെ അറിയാനല്ല നമ്മളെ ജിജ്ഞാസ് ഗുരുവിന്റെ ജിജ്ഞാസ് അതിന് പലതും അറിയും നാനാത്വത്തെ അറിയണം അതിനാണ് ശരിക്കുള്ള ജിജ്ഞാസ് അതെങ്ങനെ തത്വബോധം കൊണ്ട് നിവർത്തിക്കും ആത്മാവിനെ അറിയാണ്ട് ജിജ്ഞാസയുണ്ടെങ്കിൽ ആത്മാവിനെ അറിയണം പ്രപഞ്ചത്തെ അറിയാനുള്ള ജിജ്ഞാസയുണ്ടെങ്കിൽ പ്രപഞ്ചത്തെ അറിയണം ഒന്നിനെ അറിയുമ്പോൾ എല്ലാം അറിയുമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും അന്യസ്വിൻ പിന്നെ അന്യസിൻ്റെ ആത്മാവിനെ അറിഞ്ഞാൽ അതിനെ മാത്രമേ അറിയാൻ പറ്റൂ പ്രപഞ്ചത്തെ അറിയാൻ കഴിയത്തില്ല പ്രപഞ്ചത്തെ അറിഞ്ഞാൽ അത് മാത്രമേ അറിയാൻ പറ്റൂ ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളുണ്ടാവും വാദങ്ങളുണ്ടാവും സത്യമേവ സാ നിങ്ങൾ നിൽക്കുന്ന തലം വേറെ ഋഷി ഉപദേശിക്കുന്ന തലം വേറെ ഋഷി പറയുന്നത് എന്താണ് തത്വജ്ഞാനത്തെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് പ്രപഞ്ച ജ്ഞാനത്തെ കുറിച്ചാണ് ഇത് രണ്ടിനാണ് രണ്ടുമൊന്നല്ല അന്യത് കാരണാത് കാര്യം നിങ്ങളിപ്പറയുന്നത് ആത്മാവിനെയും പ്രപഞ്ചത്തെയും വേറെ വേറെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ആത്മജ്ഞാനം കൊണ്ട് തന്റെ ജിജ്ഞാസകളൊന്നും വൃത്തിക്കുന്നില്ല ഒരാൾക്കൃത കൃത്യനാകുന്നില്ല അപ്പോ ഒന്നിനെ അറിഞ്ഞാൽ എങ്ങനെ മറ്റൊന്നിനെ അറിയുമെന്ന് ചോദിക്കും ഒന്നിനെ അറിഞ്ഞാൽ മറ്റൊന്നിനെ അറിയാൻ കഴിയുന്നില്ലല്ലോ പശുവിനെ അറിയുന്നവൻ കാളെ അറിയുന്നില്ല കാളെ അറിയുന്നവൻ കുതിരയറിയുന്നില്ല ലോകത്ത് അങ്ങനെയാണ് പിന്നെ ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയാമെന്നെങ്ങനെ കഴിയും ഒന്നിനെ അറിഞ്ഞാൽ അതറിയും മറ്റൊന്നറിയത്തില്ല പക്ഷെ ഇവിടെ തത്വത്തെ മനസ്സിലാക്കുക എന്താണ് അന്യത് കാരണാത് കാര്യമെന്നാണെങ്കിൽ നിങ്ങള് പറയുന്നത് ശരിയാണ് പശു വേറെ കുതിര വേറെ അത് രണ്ടും തമ്മിൽ കാര്യകാരന് ബന്ധമില്ല അതുകൊണ്ട് ഒന്നിനെ അറിയുമ്പോ നമുക്ക് മറ്റൊന്നിനെ അറിയാൻ പറ്റുന്നില്ല പ്രപഞ്ചത്തെ സർവോ അങ്ങനെ അറിയുന്നു ഒന്നിനെ അറിയുമ്പോ വേറെ ഒന്നിനെ അറിയാൻ പറ്റുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പ്രപഞ്ചം ഒന്നും പലതില്ല പ്രപഞ്ച കാരണവും പലതല്ല അപ്പൊ ഒന്നായ പ്രപഞ്ച നിന്നും ഉണ്ടായിരിക്കുന്ന ഈ പ്രപഞ്ചം ആകവേ അത് ും അങ്ങനെ സംഭവിക്കുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല പ്രപഞ്ചകാരണമായിരിക്കുന്ന ആ തത്വം അത് തന്നെയാണിത് പ്രപഞ്ചം അങ്ങനെയാണെങ്കിൽ കഥം ദർഹിതം നോക്കെ ഇതം കാരണം വികാരയിൽ പക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ബോധ്യപ്പെടാൻ കഴിയുന്നില്ല കാരണം കാര്യം കാരണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം നമ്മൾ പറയുന്നു ഇതാ ഇത് മണ്ണ് ഇത് പാത്രങ്ങളാണ് ഇത് പ്രത്യക്ഷമായ അനുഭവമാണ് വളരെ പ്രകടമായ ഭേദം അനുഭവിക്കുന്നു എന്താണ് ഇത് മണ്ണ് ഇത് പാത്രം മണ്ണ് കയ്യിലെടുത്ത് വെച്ചിട്ടാരെങ്കിലും പോലും ഇത് പാത്രമാണ് പറയാറില്ലല്ലോ ഇത് വളരെ വ്യക്തമായി ഈ ഭേദം അറിഞ്ഞുകൊണ്ടിരിക്കെ ഇതം കാരണം ഇത് കാരണമാണ് ഇത് ഇതിന്റെ കാര്യമാണ് എന്ന് വേണ്ടതി അറിഞ്ഞുകൊണ്ടിരിക്കെ ഇതേ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുന്നു ഈ പ്രപഞ്ചം ഏതെന്നാണ് ഉണ്ടായത് അത് തന്നെയാണ് ഈ പ്രപഞ്ചം എന്നങ്ങനെ പറയാൻ പറ്റും ിന്തിക്കും എന്തിനായി മണ്ണിന്റെയും പാത്രത്തിന്റെയും ഉദാഹരണം എങ്ങനെയാണു പ്രപഞ്ചവും ആത്മാവും മണ്ണും പാത്രവും പോലെയെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പ്രപഞ്ചവും ആത്മാവും ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന കാര്യ എന്തുകൊണ്ട് പ്രപഞ്ചം അത്രയും വിപുലമാണ് ആത്മാവ് അത്രയും സൂക്ഷ്മ അതുകൊണ്ട് നമുക്കതിനെ നമ്മളെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് അതിനെ സംബന്ധിച്ചൊരു നിർണ്ണയത്തിലെത്താനൊക്കത്ത പക്ഷെ മണ്ണും പാത്രവും അങ്ങനെയല്ല മണ്ണും പാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് തമ്മിലുള്ള കാര്യകാരണ ബന്ധം അത് അത് ഉറപ്പുള്ള കാര്യമാണ് എന്താണ് മണ്ണിൽ നിന്നാണ് പാത്രം ഉണ്ടായത് അക്കാര്യത്തിൽ ആർക്കും സംശയം ആ കാര്യകാരണ ബന്ധം ഉറച്ചതാണെങ്കിൽ പ്രപഞ്ചത്തിൽ സർവത്ര അനുസ്യൂതമായി ഈ കാര്യകാരണ ശൃംഖല ഒരിടത്തും അവസാനിക്കാതെ കാണുന്നുണ്ട് താൻ എങ്ങനെ ഉണ്ടായി ശൂന്യതയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല അനുസരിച്ച് പിതാവുണ്ട് മാതാവുണ്ട് അത് അതിൻ്റെ പിന്നിലേക്ക് പോകുന്നു അങ്ങനെ പലതും കൂട്ടിച്ചേർന്നൊരു കാര്യം ഉണ്ടാവുന്നു ഇവിടെ ഒരു കാര്യം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം നിശ്ചയിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു അംശത്തെ ഒരു കാര്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു കാരണവും അനുഭവപ്പെടുന്നുണ്ട് പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിനും ഒരു കാര്യവും കാരണവും കാണുന്നുണ്ടെങ്കിൽ അതൊരു നിയമമായി കാണുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനും അനന്തമായ പ്രപഞ്ചത്തിനും ഒരു കാരണം ഉണ്ടാകണം ആ കാരണത്തിൽ നിന്നേ ഇതുണ്ടാകാൻ വഴിയുള്ളൂ ഇല്ലാതിരുന്നുവെങ്കിൽ മണ്ണില്ലാതെ മൺപാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രപഞ്ച കാരണം ഒന്നിനെ അങ്ങനെ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരിക അംഗീകരിച്ചാൽ അത് ഏതുപോലെ ഇരിക്കും ആ കാരണവും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം അല്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ബന്ധം തന്നെ ഈ പ്രപഞ്ചത്തിൽ കാരണവും കാര്യവും തമ്മിലുള്ള ബന്ധം തന്നെ മണ്ണും പാത്രവും തമ്മിലുള്ള ബന്ധം തന്നെ എന്താ ബന്ധമെന്ന് പറയുന്ന അനന്യത്വം വേർപിരിക്കാൻ വേർപിരിക്കാൻ സാധ്യമേ എത്ര സമർത്ഥനായ കുലാലൻ വിചാരിച്ചാൽ നല്ല സാമർഥ്യം കൊണ്ട് മണ്ണിൽ നിന്ന് അയാൾക്ക് പാത്രത്തെ ഉണ്ടാക്കിയെടുക്കാം അത് കുലാലന്റെ സാമർഥ്യമാണ് കുലാലൻ എന്ന് പറഞ്ഞാൽ മണ്ണുണ്ടാക്കുണ്ടാക്കുന്നതാണ് പക്ഷെ ഒരിക്കലും ആ മണ്ണിൽ നിന്ന് ആ പാത്രത്തെ വേർപിരിക്കാൻ സാധ്യത അതാണ് അനന്യത്വം ഉണ്ടാകുന്നു വേർപിരിയുന്നില്ല ഞാൻ മണ്ണിൽ നിന്നും പാത്രത്തെ വേറെയാക്കി എന്ന് പറയാൻ കഴിയുന്നില്ല വേണമെങ്കിൽ ആ പാത്രത്തെ നശിപ്പിക്കാൻ പക്ഷെ മണ്ണിൽ നിന്ന് തന്നെ വേറെയാക്കാൻ കഴിയില്ല ഇതാണ് അനന്യത്വം ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകത്തില്ല ഈ അനന്യത്വം അത് ബോധിപ്പിക്കാനാണ് ഈ ഉദാഹരണം മണ്ണും കൂടവും പറയുന്നത് ആ അനന്യത്വം ഈ പ്രപഞ്ചകാരണവും പ്രപഞ്ചവുമായിട്ടുണ്ട് അനന്യമാണ് വേർതിരിക്കാൻ കഴിയില്ല ഇത് കാരണമാണ് ഇത് കാര്യമാണ് ഇവിടെ അറിയുന്നുണ്ടല്ലോ അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചത് കഥം ദർഹിതോകി ഇതം കാരണം അസ്വദിത അതുപോലെ ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന ആത്മതത്വം അതിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ വേർതിരിക്കാൻ വയ്യ വരുന്ന ചോദ്യം അത് ശരിയാണ് നമ്മൾ പറയുന്ന തത്വം ശരിയാണ് പക്ഷെ ഞാൻ ഈ പ്രപഞ്ചത്തെ അറിയുന്നുണ്ടല്ലോ നാമരൂപമായി ഈ പ്രപഞ്ചത്തെ ഞാൻ അറിയുന്നുണ്ട് മണ്ണും മൺപാത്രവും പോലെ നമ്മൾ അറിയുന്നില്ല ഇത് മണ്ണ് ഇത് പാത്രം എന്നറിയുന്നില്ല അതാ ഇത് പ്രപഞ്ചത്തില്ല കാരണമാണ് ഇത് പ്രപഞ്ചമാണെന്ന് അറിയുന്നില്ലല്ലോ അറിയാൻ കഴിയാത്തടത്തോളം തത്വത്തെ എങ്ങനെ ബോധിക്കും അതിനാണ് സമാനം പറയുന്നത് വാചാരംഭനം വാകാലംബനം നിങ്ങൾ ഈ പ്രപഞ്ചം പ്രപഞ്ചമെന്ന് പറയുന്നതിന് ഒരു വസ്തുവായി ധരിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് മണ്ണിനെയും പാത്രേന്റെയും കണ്ടിട്ട് പാത്രവും ഒരു വസ്തുവായി കരുതിയിട്ടാണ് ചോദിക്കുന്നത് ചിന്തിക്കുന്നത് ഈ പാത്രം മണ്ണിൽ നിന്ന് വേറെയാണോ അല്ലയോ പ്രപഞ്ചത്തെ ഒരു വസ്തുവായി കണ്ടു കഴിഞ്ഞാൽ സത്യമായി യഥാർത്ഥമായി കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ചോദ്യം വരും പക്ഷെ പ്രപഞ്ചത്തെ അതിന്റെ തത്വത്തിൽ കണ്ടു കഴിഞ്ഞാൽ തത്വത്തിൽ മനസ്സിലാക്കിയാൽ തന്നെ ഈ ചോദ്യം വരുന്നില്ല എന്താണ് പ്രപഞ്ചത്തിന്റെ തത്വം വാചാരംഭണം വാഗാലംബനം കേവലം വാക്കിന് വിഷയം അതിനപ്പുറം അതിനൊരു വസ്തുസ്ഥിതിയില്ല വസ്തുസത്ത വസ്തുസത്തയുണ്ട് അത് അക്കാരണത്തിന്റെ സത്യാണ് നമ്മൾ പറയുന്നു പാത്രമുണ്ട് മണ്ണിന്റെ സത്യാണ് അതിന് മണ്ണിൽ നിന്ന് വേറിട്ടൊരു സത്തയില്ല പാത്രത്തിൽ അതുപോലെ ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ച കാരണത്തിൽ നിന്നും വേറിട്ടൊരു സത്തയില്ല വിനെയനുഭവപ്പെടുന്നു അത് കേവലം വാഗാലംബനം പാത്രത്തെ കണ്ടിട്ട് പാത്രം എന്ന് പറയുന്നത് പോലെയുള്ള അവിടെ വിശേഷിച്ച് ഒന്ന് കണ്ടുപിടിക്കുക മണ്ണിൽ നിന്നും വേറിട്ടൊന്നും ആ പാത്രത്തിൽ കണ്ടെത്തുക എന്നാ സമ്മതിക്ക മണ്ണല്ലാത്ത ഒന്ന് ആ മൺപാത്രത്തിൽ കണ്ടെത്തിയാൽ അംഗീകരിക്കാം പക്ഷെ അത് കണ്ടെത്താൻ പിന്നെന്തോ തോന്നുന്നുണ്ടോ ഇവിടെ മണ്ണിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കേവലം വാക്ക് ശബ്ദം മാത്രം നമ്മൾ പറയുന്നു പാത്രം ഒരു കലം അതിന് കഴുത്തുണ്ട് അതിന് വയറുണ്ട് ഉരണ്ട ഭാഗമുണ്ട് നീണ്ട ഭാഗമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ശരി ഇങ്ങനെ പറയുന്നുണ്ട് വ്യവഹാരം അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആ പാത്രത്തിന്റെ വയറ് കഴുത്ത് എന്താണെന്ന് പറയുന്നത് എന്തിനെയാണ് മണ്ണിനെ തന്നെ അവിടെ മണ്ണല്ലാതെ രണ്ടാമതൊരു സാധനത്തെ എടുക്കാൻ പറ്റുമോ ഇവർ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിന്റെ ആകൃതി വയറെന്ന് പറയുന്നത് എന്റെ ആകൃതിയാണ് കഴുത്തെന്ന് പറയുന്നത് ശരി എന്നാൽ ആകൃതി മണ്ണിൽ നിന്ന് വേർതിരിക്കുക ഇത് മണ്ണ് ഇത് എന്റെ ആകൃതി വേർതിരിക്കാൻ പറ്റൂല്ല മണ്ണിനെയാണ് നിങ്ങൾ ആകൃതി എന്ന് പറയുന്നത് അപ്പോ പിന്നെന്താ ആകൃതി വെറും ശബ്ദം വായിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം അവിടെ വസ്തുവിൽ അവിടെ മണ്ണ് മാത്രമെഴു നിങ്ങളുടെ ഭാഗ്യന്ദരിവിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നു അതാണ് ആകൃതി പാത്രർ ആ ശബ്ദത്തിന് ആശ്രയമായിട്ട് അവിടെ എന്താ ഉള്ളത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വസ്തുവിൽ കേവലം മണ്ണ് മാത്രം രണ്ടാമത് ഒരു ആകൃതിയെ ഒന്നിനെ എടുക്കാൻ പറ്റില്ല അവിടെ ആകൃതി എന്ന് പറഞ്ഞാലും നിറവെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതെല്ലാം മണ്ണ് മാത്രം പ്രപഞ്ചമെന്ന് പറയുന്നതും അതുപോലെ വാഗാലംബനമാണ് ശബ്ദജ്യോതിഷ് അതിന്റെ പ്രകാശം മാത്രം അതിനപ്പുറം അവിടെ ഇതിന്റെ കാരണമായിരിക്കുന്ന ആത്മവസ്തു അല്ലാതെ രണ്ടാമതൊന്നുമില്ല ഈ നാമരൂപങ്ങളൊക്കെ അനുഭവപ്പെടുന്നതും ഇതെല്ലാം വാകാലംബനം അതേ വാക്കോ വാക്കും അത് തന്നെ അതും ഒരു കാര്യമാണ് വാക്കും അത് തന്നെയാണ് അതിൽ നിന്ന് വേർക്കൊരു വാക്കില്ല അതുകൊണ്ട് തന്നെ ആ വാക്കിന് വിഷയമായിട്ട് വന്നിരുന്നു അതാണ് വാചാലംഭനം എന്ന് ബോധിക്കുമ്പോൾ അവൻ്റെ ജിജ്ഞാസ ശ്രമിക്കുന്നു അത് തത്വ ജിജ്ഞാസയാണെങ്കിൽ അത് ശ്രമിക്കുന്നു തത്വ ജിജ്ഞാസിനെങ്കിൽ ഇത് ബോധിക്കത്തില്ല ശ്രമിക്കത്തില്ല വാഗാലംബനം ഇത് വാക്കിന് ആലംബനമാണ് അപ്പോൾ പ്രപഞ്ചവ്യവഹാരത്തിൽ മുഖ്യമായ സ്ഥാനമാണ് വാക്കിന് ആ വാഗ് ഈ പ്രപഞ്ചം അദ്വൈതത്തിൽ മാത്രമല്ല ശബ്ദശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഭർത്തൃഗരിയും പ്രപഞ്ചം കേവലം വാഗ്വ്യവഹാരം വാഗ്വ്യവഹാരമിന്റെ പ്രപഞ്ചമില്ല വാഗ്വ്യവഹാരം എന്ന് പറയുന്ന പോലെ തന്നെ ചേർത്താ പറയുന്നു വാക്ക് വാക്ക് മാത്രമല്ല കാണുന്നു അതും ഒരു വ്യവഹാരമാണ് കേൾക്കുന്നു അതൊരു വ്യവഹാരമാണ് പഞ്ചേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം ഈ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ഈ അനുഭവം ഈ അനുഭവം ആ പരമകാരണത്തിൽ നിന്ന് വേറെയല്ല ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് തന്നെ എന്താണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഈ പ്രവർത്തനങ്ങളെല്ലാം ആ ബോധത്തിൽ അറിവിൽ നിൽക്കുന്ന ഒന്നാണ് അവിടെയും ഇതേ തത്വം തന്നെ ഇതേ ന്യം തന്നെ അറിവില്ല പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു അറിവും പറയാൻ കഴിയുമോ അറിവിലാണ് ഇന്ദ്രിയ വിഷയങ്ങൾ അഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങൾ അറിവിൽ പ്രകാശിക്കുകയും അസ്മിക്കുകയും വിഷയങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അറിവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അറിവിൽ സംഭവിക്കുന്ന ഒന്ന് അറിവിൽ നിന്നും വേറെ ആകെ തന്നെ അറിവ് തന്നെ വാഗാലംബനം അതാ ബോധം തന്നെയാണ് അതാണ് പ്രപഞ്ച കാരണമായിരിക്കുന്ന സച്ഛദാനന്ദം അനുബോധമൊന്നോ സത്തൊന്നോ ആനന്ദമെന്നോ എന്ത് വേണമെന്നു പറയാം അപ്പൊ വാഗ ആലംബനമാണ് ഈ പ്രപഞ്ചം സച്ചിദാനന്ദത്തിലെ വാഗാലംബനമാണ് അതല്ലാതെ പ്രപഞ്ചത്തിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത് തത്വബോധമില്ലാത്തതുണ്ട് വിവേകമില്ലാത്തതുകൊണ്ട് വാചാരംഭണം വാഗാലംബനം ഇത്യത് ആ ബോധത്തിലാണ് പ്രപഞ്ച മിഥ്യ എന്നുള്ളത് അതിന്റെ താല്പര്യം മനസ്സിലാകുന്നു പ്രപഞ്ച മിഥ്യ എന്ന് പറയുന്നതിനും ഒരിക്കലും വച്ചാർത്ഥമേ യോജിക്കത്തില്ല മിഥ്യയുടെ വാചാർത്ഥം ഒരിക്കലും അതിന് യോജിക്കത്തില്ല പക്ഷെ നമ്മൾ വാച്ചാർത്ഥത്തെ ഗ്രഹിച്ചിട്ട് മറ്റെന്തോ മനസ്സിൽ ധരിക്കും വാസ്തവത്തെ ബോധിക്കാതെ പ്രപഞ്ച മിഥ്യ എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ് വാഗാലംബനം പ്രപഞ്ചം വാഗാലംബനമാണ് ശബ്ദാലംബനമാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞാൽ എന്താണോ ഈ ശബ്ദത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നത് രൂപത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നത് അതാണ് എന്റെ താല്പര്യം മിഥ്യാസം കൊണ്ട് ഈ പ്രപഞ്ച പ്രപഞ്ച പ്രതീതി അല്ലെങ്കിൽ പ്രപഞ്ചപ്രകാശത്തെ നിഷേധിക്കാൻ നമ്മൾ ധരിക്കുന്ന അങ്ങനെയാണ് ശങ്കരാചാര്യർ പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞു എന്തോ അബദ്ധം പറഞ്ഞതാണ് അതിനെ തിരുത്തിയ ആളാണ് ഞങ്ങളുടെ ഗുരു ഞങ്ങളെ ദുര് പറഞ്ഞു പ്രപഞ്ച സസ്യമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ആശയക്കുഴപ്പത്തിലാവുകയാണ് പ്രപഞ്ചം മിഥ്യയെന്നോ വാക് ആരംഭണമെന്നോ എല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ താല്പര്യമൊന്നും തന്നെ വാഗാലംബനം അതുകൊണ്ടിവിടെ കാര്യകാരണത്തെ സംബന്ധിച്ച് സംശയിക്കേണ്ട കാര്യമില്ല മൃത് ദൃഷ്ടാന്തത്തിലൂടെ എന്താണോ ബോധിപ്പിക്കുന്നത് അത് ആ പരമാത്മതത്വം തന്നെ മൃത് ദൃഷ്ടാന്തത്തിനെ ബോധിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ പരമാത്മ എന്നും പോല പരമാത്മാവിനും ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബോധത്തിനാണ് പ്രപഞ്ചം മിഥിയാണ് എന്ന് പറയുന്നതിന്റെ കൂടു വെളിപ്പെടുന്നത് തെറ്റിദ്ധരിക്കും അത് ആണ് വിശദീകരിക്കുന്നത് കോസു വികാരവും എന്താണ് വിവകാരങ്ങളെല്ലാം എന്താണ് ഈ പ്രപഞ്ചം എന്ന കാരണമായ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നു ഇങ്ങനെ പ്രപഞ്ചമെന്ന് പറയുന്നു ആത്മാവാണ് തത്വം എന്ന് പറഞ്ഞു പിന്നെ ഇത് അനുഭവം ചോദ്യം അതാണ് പിന്നെ വലിയ വലിയ തത്വങ്ങൾ പറയും പക്ഷെ അനുഭവം വേറെ അതെന്താണ് വികാരു നാമധേയം നാമൈവ നാമധേയം ജീവന ശബ്ദം ശബ്ദം പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് പ്രപഞ്ചം ശബ്ദത്തിൽ ഒരുദാഹരണമായിട്ടെടുത്താണ് രൂപത്തിനൊക്കെ അതുപോലെ എടുക്കുന്നത് കാരണം ശബ്ദം പ്രകാശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഒരാൾ ചെവി കേൾക്കാത്ത പ്രപഞ്ചമില്ലേ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയാത്ത ബധിരനും മോഹനും ഒന്നും പ്രപഞ്ചമില്ല അവിടെ മറ്റൊന്നായിരിക്കും ശബ്ദം അല്ലെങ്കിൽ ടൂപ്പം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗന്ധം ഇതെല്ലാം എന്താണോ നാമൈവ നാമധ്യേയം സൗദ്ധ്യേയപ്പെടുത്തി എല്ലാം നാമം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിലൂടെ എല്ലാം ഇത് പ്രകാശിപ്പിക്കുമ്പോഴും അവിടെ ശബ്ദം തന്നെ ശബ്ദത്തെയും രൂപത്തെയും രസത്തെയും ഗന്ധത്തെയും എല്ലാം പ്രകാശിപ്പിക്കുന്നത് ഈ ശബ്ദം അതല്ല ഇത് ചട്ടിയാണ് ഇത് കലമാണ് എന്നെല്ലാം പ്രകാശിപ്പിക്കുന്നതെന്നാണ് ആ ശബ്ദങ്ങളാണ് ആ രൂപമാണ് ആകൃതിയാണ് ഇതെല്ലാം ആ വസ്തുവിൽ നിന്ന് വേറെയല്ല ഒരു വസ്തു തന്നെയാണ് മണ്ണിൽ നിന്ന് കലോ എന്നുള്ള ഒരു ശബ്ദത്തെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കലം മണ്ണിൽ നിന്ന് വേറെയാവും ഇല്ല ആ ശബ്ദത്തിന് അതിനെ വേറെയാക്കാൻ കഴിയില്ല അത് അത് തന്നെ അതുപോലെ പ്രപഞ്ചം എന്നുള്ള ശബ്ദം കൊണ്ട് ബ്രഹ്മത്തിനൊന്നും പ്രപഞ്ചത്തെ വേരാക്കാൻ കഴിയത്തില്ല അതത് തന്നെ വികാരവനാമധേയം നാമീവ നാമധേയം സൗഹൃദയപ്പെട്ട വാഗാലംബന മാത്രം നാമീവ കേവലം വികാരക നാമ വസ്തു അസ്തി ശബ്ദമല്ലാതെ വികാരം കാര്യം വികാരം വെച്ച കാര്യം അങ്ങനെ ഒരു വസ്തുവായിട്ടില്ല അങ്ങനെ ഒരു വസ്തുവിന് തത്വമില്ല പരമാർത്ഥതവും മൃത്തികിത്യേവ മൃത്തികയ സത്യം വസ്തു പരമാർത്ഥത്തിൽ മൃത്തിക്ക മൃത് ആത്മാവാണ് പരമാർത്ഥം പരമാത്മാവാണ് പരമാർത്ഥം ഇത് ഈ വ്യവഹാരമെല്ലാം ശബ്ദസ്പർശ രൂപ രസരൂപത്തിലുള്ള ഈ വ്യവഹാരങ്ങളെല്ലാം കേവലം ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു ചിന്തിക്കുന്നവനും വിവേകിക്കുകയും ഇവിടെ സർവജ്ഞനാകുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്ത്രം ഉപദേശിച്ചില്ല വളരെ വ്യക്തമായ ലളിതമായ ഒരു ദൃഷ്ടാന്തത്തെ എടുത്തു കാണിച്ച് തത്വത്തെ വിശദീകരിക്കുന്നതേ ഉള്ളു ഇതാണ് തത്വ ബോധത്തിന്റെ വഴി വേറെ അഭ്യാസങ്ങളൊന്നുമില്ല ശരി ലളിതമാണോ ദൃഷ്ടാന്തം പക്ഷേ എന്നിട്ടും ബോധിക്കുന്നുണ്ടെങ്കിൽ വേറെ ഉദാഹരണം പറയും മറ്റൊരു ഉദാഹരണം പറയും പറയുന്ന കാര്യം ളളിതമാണ് അനായാസമായി ഗ്രഹിക്കുക എന്നുള്ളതാണ് അനായാസത്തിൽ ഒരാൾ ക്ലിഷ്ടതകളെ കല്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ പരിഹരിക്കുന്നതിന് മറ്റൊരു ഉപായം സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ അതാണ് നവകാരം എന്ന് ഉപദേശിക്കേണ്ടി വന്നു തത്തോമസിപദേശിക്കേണ്ടി വന്നു ഇവിടെ പറയുന്നുണ്ടല്ലോ പരമാർത്ഥത്തിൽ മൃത്താണ് പരമാർത്ഥത്തിൽ കാരണമാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞിട്ട് ആണ് അവസാനം പറയുന്നത് തത് ഇവിടെ ഏതെന്തിനാണോ ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ട് പറയുന്നത് എങ്ങനെയാണോ മൃത്ത് കാരണമായിരിക്കുന്നത് അതുപോലെ തത് തുമസി അതാണ് നീ എന്ന് അതിനെ താനായി ബോധിപ്പിക്കുകയാണ് ഇനി വരുന്ന ഭാഗങ്ങൾ അപ്പോ ആ തുമസിയിലെ തത്തിന്റെ വ്യാഖ്യാനമാണ് ഈ പറയുന്നതല്ല ഇത്തരത്തിലൂടെ അതിന് വിശദമാക്കും